ധാരാളം ശ്ലോകങ്ങളുണ്ട് നമുക്ക് കുറച്ചേ സമയമുള്ളൂ വളരെ കുറച്ച് സമയത്തിനകം ഈ അധ്യായം തീർക്കാൻ പറ്റണം ആറാം അധ്യായം വളരെ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അധ്യായമാണ് ഇങ്ങനെ ഓടേണ്ടി വരുന്നതില് വിഷമുണ്ട് എന്നാലും നിവൃത്തിയില്ല നമുക്കൊന്നര മണിക്കൂർ പോലും കിട്ടണില്ല ഒന്നേകാം മണിക്കൂർ കഷ്ടിച്ച് കിട്ടണുള്ളൂ അപ്പോ ശ്ലോകങ്ങളും ഏകദേശം അർത്ഥം വിസ്താരമൊന്നും കൂടാതെ പോവാനേ നിവൃത്തിയുള്ളൂ ഉദ്ധരേത് ആത്മാനാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം നമുക്ക് നമ്മൾ തന്നെ ശത്രു നമ്മൾ തന്നെയാണ് നമുക്ക് ബന്ധുവും ഇതേ ശ്ലോകം ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയില് അല്പം വ്യത്യാസത്തോടുകൂടെ പറയുന്നുണ്ട് അവനവനെ അവനവൻ ഉദ്ധരിക്കണം എന്നാണ് വേറെ ആരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് അതെങ്ങനെ ഉദ്ധരിക്കും എന്ന് വച്ചാൽ ഉദ്ധരേത് ആത്മാനാത്മാനം മഗ്നം സംസാരവാരോഗാദ്യ സമ്യക് ദർശന നിഷ്ഠയാ നിങ്ങൾ കുറച്ച് മുൻപില് വന്നിരിക്കാൻ ഈ പുറകേന്തിനാ പോണെ ഇത്രയും സ്പേസ് കിടക്കുമ്പോ കുറച്ച് മുമ്പിലിരിക്കാനോ ആണെ ശരി ഓ ശരി ബുദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് നമ്മൾ തന്നെയാണ് നമ്മളുടെ താഴ്ചയ്ക്ക് കാരണം വേണ്ടത് വേണ്ട പോലെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ താഴും ഒന്ന് നിട്ടിട്ട് പൂജ്യം എത്ര പൂജ്യം ചേർത്താലും വിലയുണ്ടാവും പൂജ്യം പൂജ്യം പൂജ്യം എട്ടെട്ട് ഒന്ന് പുറകെ കൊണ്ടുവച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ് അല്ലെ ഈശ്വരന് പ്രാമുഖ്യം കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ രണ്ടാം തര വാക്കുകയാണെങ്കിൽ ഉദ്ധരിക്കപ്പെടും ബാക്കിയുള്ളതൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈശ്വരനെ പുറകെ കൊണ്ടുവെക്കുകയാണെങ്കിൽ അവസാധനം അവസാധനം എന്ന് വെച്ചാൽ നശിപ്പിക്കൽ നമ്മളെ നമ്മൾ തന്നെ നശിപ്പിക്കൽ നമ്മുടെ ാശത്തിന് നമ്മൾ തന്നെ കാരണമായിട്ട് തീരാ അപ്പോ ആത്മൈവ ആത്മനോ ബന്ധു ആത്മാവിന് ആത്മാവ് തന്നെ ബന്ധു ആത്മാവ് തന്നെ റിപു ശത്രു ആർക്ക് ആര് ബന്ധു നമ്മളെ നമ്മൾ എങ്ങനെ ഉദ്ധരിക്കും അതിനാണ് പറഞ്ഞത് യോഗാരൂഢത്വം ആസാധ്യ സ്ഥിതി നേടിയെടുക്കണം എന്ന് പറഞ്ഞു യോഗാരൂഢൻ ആരാ യഥാഹിനു നർമ്മസു അനുഷജത്തെ സർവസങ്കല്പ സന്യാസി യോഗാരൂഢോചത്തെ എപ്പോ ലോകവിഷയങ്ങളിലോ കാമ്യകർമ്മങ്ങളിലോ രുചിയില്ലാതായിട്ട് തീരണത് എപ്പോ ഉള്ളില് നിറഞ്ഞ ശാന്തി ഉണ്ടോ അവൻ യോഗാരൂഢ അവന് യോഗി എന്ന് പറയാം ചുരുക്കത്തില് അവനവനെ അറിഞ്ഞവനാണ് യോഗാരൂഢൻ അപ്പൊ ആത്മവിദ്യകൊണ്ട് ആത്മസാക്ഷാത്കാരം കൊണ്ട് തന്നെ ഉയർത്താനും ആരാത്മവിചാരം ചെയ്യുന്നു അവൻ സ്വയം ഉദ്ധരിക്കുന്നു ആര് ശരീരവിചാരം ചെയ്യുന്നു അവൻ സ്വയം താഴ്ത്തുന്നു അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ബന്ധുരാത്മാത്മനസ്തേന് ആത്മൈവ ആത്മന ജിത അനാത്മനസ്തു ശത്രുവേ വർത്തേത ആത്മൈവ ശത്രുവത്ത് ആത്മാവ് തന്നെ നമുക്ക് ബന്ധുവായിട്ട് തീരും എപ്പോ ആത്മാവിനെ നമ്മൾ ജയിക്കുമ്പോൾ ആത്മാവിനെ ജയിക്കാന്ന് വച്ചാലോ ആത്മാവല്ലാത്ത വസ്തുക്കളെയൊക്കെ തള്ളി മാറ്റുമ്പോൾ തന്നെ കണ്ടെത്തിയാൽ അവന്റെ ആ കണ്ടെത്തൽ ജ്ഞാനം അവനവന് കൂട്ടു നിൽക്കും ഇവിടെ ആത്മാ എന്ന് പറയുമ്പോ നമ്മള് ഭഗവാൻ എന്ന് പറയാം അല്ലെ ഭഗവാൻ എന്ന് പറയാം ഭാഗവതത്തില് പുരഞ്ജനോപാഖ്യാനത്തിൽ പറയുന്നു ഈ ജീവനെ പുരഞ്ജനനായിട്ട് ചിത്രീകരിച്ചിട്ട് ഈ ജീവന്റെ പുറകിൽ ഒരു അവിജ്ഞാത സഖാവ് ഉണ്ടെന്നാണ് അവിജ്ഞാത സഖാവ് എന്ന് വെച്ചാൽ ഇവന് അറിയപ്പെടാത്തൊരു സഖാവ് പുറകെ നടക്കണുണ്ട് അവനാണ് ഇവന്റെ ബന്ധു അവനെ അറിയാതിരിക്കുന്നിടത്തോളം കാലം അവന് ഹിതമെന്താന്നറിയാതെ അവനെ അവൻ തന്നെ ശത്രുവായിട്ടിരിക്കും ആ അവിജ്ഞാത സഖാവിനെ അവൻ കണ്ടെത്തിയാൽ ആ സഖാവ് ഇവന്റെ കൂടെ നിന്ന് ഇവനെ രക്ഷിക്കും ഭഗവാനെ നമ്മളുടെ ഭഗവാനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതമെങ്കിൽ സുഹൃതം സർവഭൂതാനാം ഞാത്വാമാം ശാന്തി മറിച്ചത്തി നമുക്ക് സുഹൃത്തായിട്ട് സാക്ഷിയായിട്ട് നമ്മളുടെ പുറകിലുള്ള പ്രഭുവിനെ നമ്മൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ആത്മാവിനെ ആത്മാവ് ഉദ്ധരിക്കുന്നു എന്നർത്ഥം നേരെ മറിച്ച് ശരീരത്തിനെയോ അല്ലെങ്കിൽ ധനത്തിനെയോ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മകുശലതയുമൊക്കെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ആത്മാവിനെ നമുക്ക് നമ്മൾ തന്നെ ശത്രു എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മളെ ചതിക്കും എന്നെങ്കിലും ഒരു ദിവസം വിട്ടുപോകും അപ്പോ അനാത്മനഹ അനാത്മാവായിട്ടുള്ളവന് അനാത്മാവായിട്ടുള്ളവനാ ശരീരം മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ളതിനൊക്കെ ആത്മാവെന്ന് കരുതുന്നവൻ സ്വയം അനാത്മാവായിട്ട് തീരും കാരണം ഇതൊക്കെ അനാത്മ വസ്തുക്കളായതുകൊണ്ട് അവനും അനാത്മാവായിട്ട് തീരും വിവേക ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു അനാത്മചി തെറ്റ് ആനന്ദരൂപം താനല്ലാത്ത വസ്തുക്കളോടുള്ള പറ്റിക്കൂടൽ ആ ചിന്ത അതിനെ വിട്ടിട്ട് ഭഗവത് സ്വരൂപമായ ആത്മാവിനെ നിരന്തരം ധ്യാനിക്കാണ് അങ്ങനെ സ്വയം തന്നെ കണ്ടെത്തിയവന് തന്റെ സ്വരൂപം തന്നെ വലിയൊരു കൂട്ടുകാരനായിട്ടിരിക്കും താൻ തന്നെ തനിക്കൊരു കൂട്ടുകാരനായിട്ട് ചുരുക്കി പറഞ്ഞാൽ മനസ്സിനെ ജയിക്കാത്തവന് അവന്റെ മനസ്സ് തന്നെ ഉള്ളില് ശത്രുവായിട്ട് ഉള്ളിലിരിക്കും ഉള്ളില് ഒരു കുരങ്ങനെയും ദൂക്കിക്കൊണ്ട് നടക്കുക നമ്മുടെ ആ കൊരങ്ങൻ അകത്തിരുന്ന് നമ്മളെ അത്യധികം ദുഃഖിപ്പിക്കും ഒരു ഭൂതബാധ പ്രേതബാധ പോലെ ഈ മനസ്സ് ഉള്ളിൽ കിടന്ന് വിഷമിപ്പിക്കും അതേ മനസ്സ് ഭഗവാനർപ്പിക്കപ്പെട്ടാൽ ഭഗവാന്റെ സ്വന്തമായാൽ നമുക്ക് ആ മനസ്സ് തന്നെ ഉള്ളിൽ ഒരു നല്ല കൂട്ടുകാരനായിട്ടും വേണ്ട സമയത്ത് ഗുരുവായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ നിൽക്കും ആ മനസ്സ് തന്നെ ഭഗവാന്റെ സ്വരൂപമായിട്ട് മാറും അപ്പൊ മനസ്സിൽ മനസ്സ് ശുദ്ധമായാൽ ശുദ്ധമായ മനസ്സ് നമുക്ക് കൂട്ടുകാരനാവും മനസ്സ് അശുദ്ധമായാൽ അശുദ്ധമായ മനസ്സ് നമുക്ക് ശത്രുവായിട്ട് മാറും അപ്പൊ നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും മൂലകാരണം പുറത്തെവിടെ അന്വേഷിക്കേണ്ട നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം തന്നെയാണ് അജ്ഞാനം കൊണ്ട് അശുദ്ധമായ മനസ്സ് തന്നെയാണ് പുറത്തൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ല നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം കൊണ്ട് കലുഷമായി രാഗദ്വേഷ കലുഷമായ മനസ്സ് തന്നെ നമുക്ക് ശത്രു അതിനെ അടക്കാതെ പുറമേക്ക് എന്തൊക്കെ അടക്കി നിർത്തിയിട്ടും ഒരു പ്രയോജനവും ഇല്ല എല്ലാം നഷ്ടപ്പെടും നമുക്ക് അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ അടക്കി ഭരിക്കണം എന്നാശിച്ച ആള് പത്തു മുപ്പത്തിരണ്ട് വയസ്സിനകം അനേക രാജ്യങ്ങൾ പിടിച്ചടക്കി ഇന്ത്യയിൽ വന്നപ്പോ ഗീരത്തിൽ അദ്ദേഹം യോഗിയെ കണ്ടു ആ യോഗിയുടെ അടുത്ത് അദ്ദേഹം ചെന്നു പറഞ്ഞു അദ്ദേഹം മന്ത്രി അയച്ചിട്ട് പറഞ്ഞു അലക്സാണ്ടർ ചക്രവർത്തി വിളിക്കണോന്ന് പറയാ മന്ത്രി ചെന്നു മന്ത്രി ചെന്ന് ചക്രവർത്തി നിങ്ങളെ വിളിക്കണമെന്ന് അദ്ദേഹം ഉറക്ക ചിരിച്ചു ഒന്നും ഉത്തരം പറഞ്ഞില്ല എത്ര നിർബന്ധിച്ചിട്ടും അപ്പൊ അലക്സാണ്ടർ തന്നെ മുമ്പിൽ ചെന്നിട്ട് അങ്ങ് കൂടെ വരണം അങ്ങയെ ഒരു ജ്ഞാനിയെ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആശിക്കണം അപ്പ അദ്ദേഹം പറഞ്ഞു അധികമ്യം അധ്വാഹ എന്ന് ഭാഗവതത്തില് ജഡഭരതൻ പറഞ്ഞ പോലെ ഞാൻ എവിടെ സഞ്ചരിക്കും ഞാൻ ഇല്ലാത്തൊരു സ്ഥലമേ കാണാനില്ലല്ലോന്ന് ഇനി എങ്ങനെ ഇവിടുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ഭക്തൻ പാടി പാക്കും ഇടം എങ്കും ഒരു നീക്കം അര നിറയിക്കരിപൂർണ ആനന്ദമേ എവിടെ നോക്കിയാലും പാക്കും ഇടം എങ്കും എങ്ങട് തിരിഞ്ഞാലും ഒരു നീക്കം അരനിറയിക്കിണ്ട് ഒന്ന് നീക്കാനായിട്ട് ഒന്ന് ചലിക്കാനായിട്ടുള്ള സ്ഥലം പോലും ഇല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന പരിപൂർണ ആനന്ദ സ്വരൂപം അങ്ങനെ ഭഗവാൻ ആത്മവസ്തു നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ എവിടുന്ന് എവിടേക്ക് പോവും എങ്ങനെ യാത്ര ചെയ്യും അവസാന ആ യോഗി അലക്സാണ്ടറോട് പറഞ്ഞു നിങ്ങൾ വിഡ്ഢിയാണ് പുറം ലോകത്തിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ് കാരണം അവര് പരാജയപ്പെടുകയേ ഉള്ളൂ പുറം ലോകത്തിൽ നിങ്ങൾ എന്തൊക്കെ ശേഖരിച്ചാൽ അതൊക്കെ അവസാനം നിങ്ങളെ വിട്ടിട്ട് പോകും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും അത് നിങ്ങളെ ഉപേക്ഷിക്കും എന്നുവച്ചാൽ അപ്പൊ പുറം ആവശ്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടോ അതിനാണ് അപരിഗ്രഹധർമ്മം എന്ന് യോഗികൾ പറയുന്നത് നമുക്ക് എത്ര കണ്ട് വേണോ അത്ര കണ്ട് അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങൾ ശേഖരിക്കൽ ഒഴിച്ച് കൂടുതൽ ശേഖരിച്ചാൽ അത് നമ്മളെ വിഷമിപ്പിക്കും അപ്പൊ അലക്സാണ്ടറോട് പറഞ്ഞു ജീവിക്കാൻ മനുഷ്യന് ഇത്രയൊന്നും വേണ്ട ഇങ്ങനെയൊന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല ഇത്രയധികം രാജ്യങ്ങൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അങ്ങേക്ക് ദുഃഖത്തിന് കാരണമാവും അങ്ങ് പിടിച്ചടക്കിയത് മുഴുവൻ നിവർന്നു വരും ഇതൊക്കെ ചുരുട്ടം മുടി നിവർത്തണ പോലെയാണ് നായുടെ വാലം നിവർത്തണ പോലെയാണ് ഒരിക്കലും നിവർന്ന് കിട്ടില്ല അങ്ങയുടെ രാഷ്ട്രമൊക്കെ അങ്ങേക്ക് നഷ്ടപ്പെടും ആത്മാവിനെ കണ്ടെത്താത്തവന് അവന്റെ മനസ്സ് തന്നെ ശത്രുവായിട്ട് തീരും ഉള്ളിലുള്ള രാജ്യം ആര് കണ്ടെത്തിയോ സ സ്വരാഡ് ഭവതി സ സർവേഷു ലോകേഷു കാമചാരോഭവതി ഉപനിഷത്ത് തന്നെ പറയുന്നത് ആരാത്മാവിനെ കണ്ടെത്തിയോ ആത്മാ പുരസ്താത് ആത്മാ പശ്ചാത് ആത്മാക്ഷിണത ആത്മാ ഉത്തരത അധശ്ശ ഊർധം എല്ലായിടത്തും ആത്മദർശനം സാധിച്ചവൻ സ ഭവതി എന്നാണ് അയാളാണ് ചക്രവർത്തി സ്വരാജ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് അയാൾക്ക് ആരിൽ നിന്നും ഒന്നും നേടേണ്ട ആവശ്യമില്ല അയാൾക്ക് യമനെ പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ ഈശ്വരനെ ഭയപ്പെടേണ്ട ഈശ്വരനെയും ഭയപ്പെടേണ്ട കാരണം എന്താ ഈശ്വരൻ അവൻ അന്തരാത്മാവാണ് ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് അവനൊരു വ്യക്തിത്വമേ ഇല്ല ഭഗവാനിൽ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു അപ്പൊ സ സ്വരാഭവതി സ്വാരാജ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് അങ്ങനെയുള്ളവനെ ഒഴിച്ചുള്ളവരൊക്കെ തന്നെ ഭയത്തിന് അടിമകളാണ് രണ്ടുണ്ട് എന്ന് കരുതുന്നിടത്തോളം കാലം ദ്വൈതം സത്യം എന്ന് തോന്നുന്നിടത്തോളം കാലം ഈ രണ്ടാമത്തെ വസ്തു നമുക്ക് ഭയത്തിന് കാരണമായിട്ടിരിക്കും എപ്പോഴും രണ്ടുണ്ടോ ഭയമുണ്ട് ഇരുട്ടാത്ത എന്തോ അനങ്ങണത് കണ്ടു ആരാത് ശബ്ദമില്ല വീണ്ടും ചലിച്ചു ആരാത് അപ്പോഴും ശബ്ദമില്ല അപ്പോഴാണ് ഓർമ്മ വന്നത് ഇവിടെ എന്തൊക്കെയോ ബാധയുണ്ടോ നോക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് പേടിയായി വെളിച്ചിട്ട് നോക്കുമ്പോ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കാണാനില്ല ലൈറ്റ് കെടുത്തിയാണുന്നു പിന്നെയാണ് മനസ്സിലായത് എന്റെ തന്നെ നിഴലാണ് അവനവന്റെ നിഴലാണെന്ന് കണ്ട ഓ ഭയം പോയി അന്യമായിട്ട് രണ്ടാമതൊന്നും ഉണ്ടോ എന്ന് തോന്നിയാ പേടിയായി അപ്പോ ഇവിടെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരു വസ്തുവും ഉണ്ടാവാനേ സാധ്യമല്ല എന്ന് ആർക്കുറപ്പുണ്ടോ അങ്ങനെ ഒരാൾ എന്തിനെ പേടിക്കും എന്തിനെ ഭയപ്പെടും അപ്പൊ അവന് ആ ജ്ഞാനം അവന് സുഹൃത്തായിട്ട് മാറും അവനാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവനാണ് യഥാർത്ഥത്തിലെ അവനാരെയും ഭയപ്പെടണ്ട പക്ഷെ ആർക്ക് തന്നെ അറിഞ്ഞില്ലയോ ആത്മസാക്ഷാത്കാരം ഉണ്ടായില്ലയോ ശരീരത്തിനെ തന്നെ താൻ എന്ന് കരുതി കൊണ്ടിരിക്കുന്നുവോ അവന്റെ ഈ അജ്ഞാനം തന്നെ ശത്രുവായിട്ടിരിക്കും അതുകൊണ്ട് ആത്മാവിനെ കണ്ടെത്തുക എന്നാണ് കണ്ടെത്തിയവൻ ജിതാത്മാ എന്നു പേര് അവന് ആത്മാവിനെ കണ്ടെത്തിയവന് ജിതാത്മാവ് എന്നുപേര് ആത്മാവിനെ അറിഞ്ഞവൻ ജയിച്ചവൻ അങ്ങനെയുള്ള ആൾക്ക് അയാളുടെ അനുഭവം എന്താ അയാളുടെ സ്ഥിതി എന്താ അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ജിതാത്മനഃ പ്രശാന്ത പരമാത്മാണസുഖദുഃഖേഷു തധാപമാനയോ ഒരു പ്രാവശ്യം മതി ജീതാത്മന പ്രശാന്ത പരമാത്മാസമാഹിത ശീത ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അപമാനയോ നമ്മൾക്ക് മനസ്സുള്ളത്തോളം കാലം മനസ്സ് ദ്വൈതത്തിൽ ചലിച്ചു കൊണ്ടേയിരിക്കും നല്ലത് പറഞ്ഞ ഓർമ്മ വരും നമ്മൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് നല്ലവണ്ണം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും അയ്യോ അവരുടെ മകനെ തങ്കമായ കുട്ടി ഇത്ര നല്ലൊരു മകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഇങ്ങനെ കുറച്ചുനേരം പറഞ്ഞു നമ്മുടെ വീട്ടിലൊന്നുണ്ടല്ലോ പറഞ്ഞു വളരെ ഓർമ്മ നെഗറ്റീവായിട്ട് വരും അല്ലെങ്കിൽ ആ അടുത്ത വീട്ടിലത്തെ ചെക്കനെ പറയാൻ കൊള്ളില്ല എന്തൊക്കെയാ കാണിച്ചത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങും പോസിറ്റീവ് പറഞ്ഞാൽ ഉടനെ നെഗറ്റീവ് വരും ചൂട് എന്ന് പറഞ്ഞാൽ ഉടനെ തണുപ്പ് ഓർമ്മ വരും മനസ്സിന് സുഖം എന്നു വെച്ചാൽ ദുഃഖം സുഖ ദുഃഖങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പെണ്ടുലം പോലെ ചലിച്ചുകൊണ്ടിരിക്കും മനസ്സ് ശീതം ഉഷ്ണം സുഖം ദുഃഖം മാനം അപമാനം ഇതിൽ ഒന്നു മാത്രമായിട്ട് നിൽക്കില്ല മാനമുണ്ടോ അപമാനം ഉണ്ടാവും സുഖമുണ്ടോ ദുഃഖം ഉണ്ടാവും തണുപ്പുണ്ടോ ചൂടുണ്ടാവും ഇതിലേതെങ്കിലും ഒന്നു മാത്രമായിട്ട് ആർക്കും നിൽക്കില്ല മനസ്സുള്ളത്തോളം കാലം ഇതിലൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും ശാരീരികമായ അനുഭവങ്ങളാണ് സുഖ ശീത ഉഷ്ണങ്ങൾ മാനസികമായ അനുഭവങ്ങളാണ് മാനം അപമാനം സുഖം ദുഃഖമൊക്കെ അപ്പോ ആത്മാവിനെ കണ്ടെത്തിയവൻ ആത്മാവിനെ കണ്ടെത്തിയവൻ എന്താ ഇപ്പോൾ വിശേഷമായിട്ട് അറിയണത് ആദ്യം നല്ലവണ്ണം വിചാരം ചെയ്ത് ഈ ദേഹം ഞാനല്ല എന്ന് തെളിയുന്നു ശരീരം ജനിച്ചു ശരീരം വളർന്നു ശരീരത്തിന് അനേക മാറ്റങ്ങളുണ്ടായി കുറച്ചു കാലം മെലിഞ്ഞിരുന്നു പിന്നെ തടിച്ചു പിന്നെ വീണ്ടും മെലിഞ്ഞു തലയിൽ മുടിയൊക്കെ വളക്കിളർത്തു പിന്നെയൊക്കെ കൊഴിഞ്ഞു പോയി എന്തൊക്കെ മാറ്റങ്ങളാ ദേഹത്തില് ഈ ദേഹം മാറുന്ന ദേഹം ഞാനല്ല ഈ മാറിക്കൊണ്ടേയിരിക്കുമ്പോ ഞാൻ മാറണൂന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ഞാൻ മാറുന്നു എന്ന് തോന്നുന്നു തോന്നണുണ്ടോ നമ്മൾ തടിച്ചു എന്നറിയണമെങ്കിൽ തന്നെ മറ്റുള്ളവർ പറയണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണം അല്ലെ അതുകൊണ്ടായി സന്യാസികൾ കണ്ണാടി നോക്കില്ല സന്യാസികൾ കണ്ണാടിയിൽ നോക്കാൻ പാടില്ല എന്നാണ് വിധി കണ്ണാടിയിൽ നോക്കുമ്പോഴൊക്കെ നമ്മൾ തടിച്ചിട്ടുണ്ടോ മലിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നമുക്കറിയാം അത് കണ്ണാടി നോക്കണമല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം അല്ലെ അല്ലാതെ നമുക്കറിയില്ല കാരണം എന്താ ഈ മാറ്റം ഒന്നും നമ്മളിൽ സ്പർശിക്കണേയില്ല ഞാൻ വലുതാകുന്നതായിട്ട് എനിക്കറിയോ ഉം നമുക്ക് വതുക്കെ വലുതാവണു എന്ന് തോന്നുന്നുണ്ടോ ഒന്നുമില്ല അല്ലെ നമ്മൾ എപ്പോഴും ഒരേ പോലെ ഇരിക്കണു മറ്റുള്ളവർ പറഞ്ഞ ഒന്ന് ക്ഷീണിച്ചുവല്ലോ ഒറയോ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഊ എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ പിന്നെ കണ്ണാട കണ്ണാടിയിൽ പോയി നോക്കണം മുഖം കണ്ട എന്താ വാടിയിരിക്കണം നമുക്കറിയില്ല കാരണം എന്താ മുഖത്തിനും എനിക്ക് ഒരു സംബന്ധവും ഞാൻ അതിൽ നിൽക്കുക വസ്തുവാണ് ശരീരത്തിന്റെ ഗുണദോഷങ്ങളൊക്കെ ആത്മാവിൽ ആരോപിക്കപ്പെടുന്നു ഇതാണ് ലോകത്തിന്റെ സ്വഭാവം ശരീരം തടിച്ചാൽ ഞാൻ തടിച്ചു ശരീരം വലിഞ്ഞാൽ ഞാൻ വലിഞ്ഞു അതേപോലെ ശരീരത്തിന് തണുപ്പ് ചൂട് ശരീരത്തിനെ ബഹുമാനിച്ചാൽ എന്നെ ബഹുമാനിച്ചു ശരീരത്തിനെ അപമാനിച്ചാൽ എന്നെ അപമാനിച്ചു യഥാർത്ഥത്തിൽ നമ്മളെ ആർക്കും അപമാനിക്കാനും സാധ്യമല്ല ബഹുമാനിക്കാനും സാധ്യമല്ല നമുക്ക് തന്നെ നമുക്ക് തന്നെ നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മളെ അപമാനിക്കാൻ വേണമെങ്കിൽ എങ്ങനെ അപമാനിക്കാന്ന് വെച്ചാൽ ദേഹം ഞാനാണെന്ന് സ്വീകരിച്ചാൽ അതിന്നു വരുന്ന ദുഃഖങ്ങളൊക്കെ പേറുന്നതുകൊണ്ട് ഞാൻ അപമാനിക്കപ്പെടും നേരെ മറിച്ച് ഈ ദേഹം ഞാനല്ല ഒരു അംഗങ്ങൾ വെട്ടിമുറിച്ചാലും എന്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള സ്ഫൂർത്തി നഷ്ടമാവുന്നില്ല കൈയും കാലുമൊന്നും ഇല്ലാത്ത ആളുകൾക്കൊന്നും തന്നെ ഉള്ളില് ഞാൻ എന്നുള്ളത് കുറഞ്ഞു പോകുന്നില്ല അത് പൂർണമായിട്ട് നിൽക്കുന്നു ഞാൻ എന്നുള്ള ബോധം അല്പം പോലും ബാധിക്കപ്പെടാതെ നിക്കുന്നു ദേഹം മൃൺമയവ ജാത്മകം അഹം ബുദ്ധിന്നി അതോ നാഹം തത് ുപ്തി സമയേ സിദ്ധാത്മസദ്ഭാവത ഈ ദേഹം വെറു ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ കൊടം പോലെയാണെന്ന് ജഡമാണ് ദേഹം ജഡമാണ് അതിന് ചേതനയില്ല ചേതന അതിനകത്ത് മറ്റൊരു വസ്തുവായി ഞാൻ ഞാൻ എന്ന് ആ സ്ഫുരണയെ കണ്ടെത്തി ആ സ്ഫുരണയെ നല്ലവണ്ണം അന്വേഷണം ചെയ്തു നോക്കിയാൽ ഈ ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വഭാവം എന്താണ് സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കുമ്പോ ദേഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നിത്യവസ്തു നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഒരു ചേതന ഉള്ളിൽ പ്രകാശിക്കുന്നു ആ ചേതനയെ കണ്ടെത്തിയവനാണ് ജിതാത്മാവ് അത് കണ്ടെത്തുമ്പോ വെളിച്ചം വരുമ്പോ ഇരുട്ടു പോകുന്ന പോലെ ആത്മാവിനെ കണ്ടെത്തുമ്പോൾ എന്ന് വെച്ചാൽ എന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ കണ്ടെത്തുമ്പോൾ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി അഹങ്കാരം ഇതൊന്നും ഞാനല്ല എന്ന് തള്ളി തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അവബോധം പ്രജ്ഞ നിശ്ചല തത്വം അതിനെ ഉള്ളിൽ കണ്ടെത്തി കഴിയുമ്പോ ശാന്തി അവിടെ പ്രകാശിക്കും അതാണ് പ്രശാന്തസ് എന്ന് ഭഗവാൻ വിശേഷണം കൊടുത്തത് ജിതാത്മാന ജിതാത്മന പ്രശാന്ത ശാന്തി ഉള്ളിൽ ഊറി ഊറി വരുന്നു ആ ശാന്തി വന്നാലോ ആ ശാന്തിയിലൊരു അഹങ്കാരം വരാതെ നോക്കിയാൽ എനിക്ക് ശാന്തി കിട്ടിയെന്ന് വിചാരിച്ച ശാന്തി പോകും അപ്പൊ ആ ശാന്തിയിൽ നിന്ന് വിട്ടു ശാന്തിയിൽ നിന്ന് അന്യമായിട്ട് ഒരു ഞാൻ അവിടെ നിൽക്കാതെ ഇരുന്നാൽ ശാന്തിയിൽ സ്വയമേവ ശാന്തിയെ സ്വരൂപമായിട്ട് നിൽക്കുകയാണെങ്കിൽ പരമാത്മാ സമാഹിത അയാൾക്ക് പരമാത്മ സമാധി അയാൾക്ക് തെളിയും ഉള്ളില് എന്നു വച്ചാൽ പരമാത്മാവിന്റെ സ്വരൂപം തന്നെ ശാന്തിയാണ് ആത്മാവിന്റെ ആത്മാവേറെ പരമാത്മാവേറെയല്ല പരമാത്മാവ് തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ജീവാത്മാവായി പ്രകാശിക്കുന്നത് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ സുവ്യക്തമായ ഒരു ശ്ലോകത്തിൽ പറയുന്നു പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ സദസതിദമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹം അഹം ഇ സാക്ഷി രൂപേണ ബുദ്ധേ അഹം അഹം ഇതി ഞാൻ ഞാൻ എന്നിങ്ങനെ പരമാത്മാവ് തന്നെ ബുദ്ധിക്കും സാക്ഷിയായിട്ട് ഉള്ളില് പ്രകാശിക്കണമെന്ന് അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലുമഹന്ത അനേകമാകയാലി തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം അഹം എന്ന് എല്ലാരും ചൊല്ലുന്നുണ്ട് ജപിക്കുന്നുണ്ട് അല്ലെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഈ ജപം നിരന്തര ജപം ബാക്കി രാമനാമോ നാരായണനാമോ ഒക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തും ഒരിക്കലും നിർത്താർത്ത ജപം നമ്മളുടെ ഉള്ളിലുള്ളത് എന്താ ഞാൻ ഞാൻ ഞാൻ ഞാൻ ആ ഞാൻ എന്നുള്ളതില്ലാതെ മറ്റൊരു ചിത്തവൃത്തിയും വരാനേ സാധ്യമല്ല അപ്പൊ ഈ ഞാനിനെ കണ്ടെത്തിയാൽ എന്നെയല്ല ഈ ഞാനിനെ കണ്ടെത്തിയാൽ ഈ ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് ദേഹമോ മനസ്സോ പ്രാണനോ അല്ല ശുദ്ധമായ ബോധമാണ് പ്രജ്ഞയാണെന്ന് തെളിഞ്ഞാൽ അവന് തണുപ്പുണ്ടാവട്ടെ ചൂടാ ഉണ്ടാവട്ടെ സുഖം ഉണ്ടാവട്ടെ ദുഃഖം ഉണ്ടാവട്ടെ ഇതിലൊക്കെ പരമാത്മാ സമാഹിതന്നാണ് അയാൾ പരമാത്മദർശനത്തിനെ വിട്ടുകളിയേയില്ല എല്ലാ അനുഭവങ്ങളും ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവിലല്ലേ ഏർപ്പെടുന്നത് ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു നിങ്ങളെയൊക്കെ എങ്ങനെ കാണുന്നു കണ്ണിലൂടെ കാണുന്നു കണ്ണു മാത്രമുണ്ടായാൽ കാണുവോ ഇല്ല മനസ്സതിന് പുറകിലുണ്ടാവണം മനസ്സ് കണ്ണിലൂടെ വന്നിട്ട് കാണുകയാണ് മനസ്സ് എവിടുന്നു പൊന്തി എവിടെ ലയിച്ചുവോ എവിടുന്ന് പൊന്തി അല്ലേ ഒരു കുട്ടി ഒരു മഴിയെതിരിയും കൊണ്ട് നടക്കായിരുന്നുവേ അപ്പൊ ഒരു സന്യാസി എതിരെ വരികയായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലും തത്വോപദേശം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സന്യാസി ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കുഞ്ഞേ ഈ വിളക്ക് കയ്യില് കൊണ്ട് നടക്കണ്ടല്ലോ ഈ വിളക്ക് എവിടുന്നാ വരണതോന്ന് അറിയുവോ എന്ന് ചോദിച്ചു ആ കുട്ടിഫൂന്ന് ഊതിക്കെടുത്തിട്ട് ഇപ്പൊ എവിടെ പോയി അവിടെ നിന്ന് തന്നെയാണ് വന്നതാണ് അതുപോലെ ഈ മനസ്സ് എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ചാൽ എവിടെ പോകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ അവിടുന്ന് വരുന്നു ദിവസം പോകുന്നുണ്ട് ദിവസം പിറപ്പിടം എവിടെയോ അവിടെ ചെന്ന് ലയിക്കുന്നുണ്ട് രാത്രി ഉറങ്ങുമ്പോ എവിടുന്ന് അത് ചലിച്ചു അവിടെ ചെന്ന് ലയമാവുന്നുണ്ട് നമുക്ക് ദിനം ദിവസവും നമ്മൾ അറിയാതെ തന്നെ പ്രയത്നം കൂടാതെ തന്നെ ഇത് ലയമാവുന്നുണ്ട് ആ ലയിക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് ഇത് ഉദിക്കുന്നത് അപ്പൊ മനസ്സുദിക്കുന്നത് എവിടെ എന്ന് അന്വേഷിച്ചാൽ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവിലാണ് മനസ്സുദിക്കണത് ഇപ്പോഴും മനസ്സ് ചലിക്കുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവിലാണ് ചലിക്കുന്നത് ആ ഉണർവ് അനുഭവം അല്ലെ അത് മാത്രം അനുഭവം ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവമല്ല അത് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നു അത്രയേ ഉള്ളൂ അത് കാഴ്ചയാണ് എനിക്ക് അനുഭവമല്ല എനിക്ക് അനുഭവം ഒരൊറ്റ അനുഭവമേ ഉള്ളൂ ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തില് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു ശരീരം എന്റെ ശരീരം കാണുന്നു എന്റെ വ്യക്തിത്വത്തിനെ ഉള്ളിൽ കാണുന്നു സൂക്ഷ്മ ചിത്തവൃത്തി സങ്കല്പത്തിന്റെ രൂപത്തിൽ പൊന്തുന്ന എന്റെ വ്യക്തിത്വത്തിനെ കാണുന്നു ഇതൊക്കെ തന്നെ മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ അതൊക്കെ മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ എന്ന് എന്തുകൊണ്ട് പറയണു അന്വേഷിക്കുമ്പോൾ അതൊന്നും കാണാനില്ല രാത്രി ഉറങ്ങിയപ്പോ ഇതൊക്കെ എവിടെയോ പോയി മറഞ്ഞു എന്റെ ശരീരമേ കണ്ടില്ല എനിക്ക് ദേഹമേ കണ്ടില്ല സുപ്തസമയേ ദൃഷ്ടാത്മസദ്ഭാവത്ത അവിടെ ആത്മ ഞാനുണ്ട് സുഷുപ്തിയില് പക്ഷെ ശരീരമില്ല അല്ലേ ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നാവസ്ഥയില് ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കണു ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല മനസ്സുമില്ല പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ ഉം ഞാനുണ്ട് ഉം മരിച്ചൊന്നും പോയില്ലല്ലോ സുഖമായിരുന്നു എന്ന് പറയുന്നത് സുഖം അവിടെ ഉണ്ട് സുഖം അനുഭവിച്ചുകൊണ്ട് സുഖസ്വരൂപനായി അനുഭവസ്വരൂപനായി അവിടെ ഉണ്ട് അപ്പോ സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രത്തിലും ഏതൊരു വസ്തു മാറാതെ നിൽക്കുന്നുവോ ജാഗ്രതത്തിലുള്ള ആള് സ്വപ്നം കണ്ടത് വേറെ ആളല്ലല്ലോ ഉം അവിടെ വേറെ ആളല്ലല്ലോ സ്വപ്നത്തിലുള്ള ആള് തന്നെയല്ലേ സ്വപ്നവും പോലും കാണാതെ ഉറങ്ങിയത് മൂന്നാളും വേറെയല്ല പക്ഷേ ഈ മൂന്നവസ്ഥകളും വന്നിട്ട് പോകുന്നു മനസ്സിൽ അപ്പൊ ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ള തന്നെ കണ്ടെത്തിയാൽ ഞാൻ മനസ്സുമായിട്ട് സമ്പർക്കമില്ലാത്തവനാണെന്ന് നമുക്കറിയാം മനസ്സിനെ ജയിക്കാൻ ഏറ്റവും നേരെയുള്ള മാർഗമാണത് മനസ്സിനെ തൊടുകയെ ചെയ്യാതെയുള്ള ജയം അല്ലേ ിനിമാ തിയേറ്ററിലെ സിനിമ കാണാനായിട്ട് ചെന്നു വീട്ടിലാകെ പാട പ്രശ്നം ടെൻഷൻ ദുഃഖം അത് തീർക്കാനായിട്ട് സിനിമ കാണാൻ ചെന്നതാ സിനിമ കാണാൻ ചെന്നപ്പോ അവിടെ ഒരേ ട്രാജഡി സിനിമ അവിടെ ആളുകളും മരിക്കണു കല്യാണം കഴിഞ്ഞവർ പിരിഞ്ഞു അവിടെ ഇരുന്ന് കരഞ്ഞു ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിനിമയെ മാറ്റാൻ പറ്റുമോ സ്ക്രീനിൽ വല്ല മാറ്റം വരുത്താൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരത്തെ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ സ്ക്രീനിനെയോ സിനിമയോ തൊടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുക ഇറങ്ങി പോവുക അപ്പോ അതേപോലെ മനസ്സിൽ പലതും വരുന്നു അല്ലെ ഒന്നും ഈ മനസ്സിൽ വരുന്നതൊന്നും ഞാനല്ല ഇതെന്റേതല്ല ഇതൊക്കെ പ്രകൃതിയുടെ ധർമ്മങ്ങൾ നടക്കണോ അത്രേയുള്ളൂ ഞാൻ ഇതൊന്നുമല്ല ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ആത്മാവാണ് ശിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹേം നാണനേത്രേം നോമഭൂമിഹീന തേജോനവായു ചിദാനന്ദരൂപോഹം ശിവോഹം ഇതൊന്നും ഞാനല്ല മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം പ്രാണൻ ഇതൊന്നും ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അറിവ് പ്രജ്ഞ ബോധം അതാണ് ഞാൻ എന്ന് തെളിഞ്ഞു കഴിയുമ്പോ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ചിതാനന്ദ സ്വരൂപമായ ശുദ്ധമായ ശിവമാണ് ഞാൻ എന്നറിഞ്ഞാൽ അവൻ ജിതാത്മാവ് അവന് ശാന്തി സ്വന്തം അവന്റെ ശാന്തി സുഖ കൊണ്ട് ബാധിക്കില്ല എന്തൊക്കെ വന്നാലും ശീത ഉഷ്ണ സുഖദുഃഖേഷു അയാൾക്ക് തണുപ്പ് വരും ഞാനിയായ തണുക്കില്ലാന്നില്ല ശരീരത്തിന് തണുക്കും ഞാനിയായ വേർക്കില്ലാന്നില്ല അയാളുടെ ശരീരത്തിന് വേർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തേരോടിച്ചു വരുന്ന ചിത്രമുണ്ട് ഭാഗവതത്തില് വേർത്തു കുളിച്ചിരിക്കുന്നു അത്ര ശ്രമവാരി അലങ്കൃതേ മമ നിശിതശരൈഹി വിഭിദ്ധ്യമാനത്വസവേസ്തു കൃഷ്ണ ആത്മാ ഭാര ഭാഗവതത്തില് ഭീഷ്മസ്തുതില് പറയുകയാണ് യുതി തുരകരജോ വിധൂമ്ര വിശ്വ കച്ചലുളിത ശ്രമവാരി അലങ്കൃത കൃഷ്ണൻ അങ്ങോട്ട് വേർത്തു കുളിച്ചിട്ടേ ആ വേർപ്പോടുകൂടെ കുതിരക്കുളമ്പടിയേറ്റ് പൊന്തിയിട്ടുള്ള മണ്ണൊക്കെ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുക അത്രേ അപ്പൊ കൃഷ്ണനും വേർക്കും കൃഷ്ണനും വേർക്കും കൃഷ്ണനും തണുക്കും ഇതൊക്കെ കൃഷ്ണനും ഉണ്ടെങ്കിലും കൃഷ്ണനെ അത് ബാധിക്കില്ല അല്ലേ എല്ലാം കൃഷ്ണനും ഉണ്ടെങ്കിലും ഭഗവാൻ ജ്ഞാനികളുടെ ധർമ്മത്തിനേക്ക് കാണിച്ചു ജ്ഞാനികൾക്കും സുഖ ദുഃഖങ്ങളും മറ്റും ഇങ്ങനെ ലേശം വന്നിട്ട് പോവാം ചിലപ്പോൾ കരയു പോലും ചെയ്യൂ അവര് മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഇതെന്താ ഇങ്ങനെ കരയണതാന്ന് തോന്നും സാക്ഷാത് ശ്രീരാമചന്ദ്രൻ രാമായണത്തില് സീതയെ പിരിഞ്ഞിട്ട് കരഞ്ഞു അല്ലെ ആ കരച്ചലൊക്കെ പോലും അത് ഉപാധി ധർമ്മമാണ് എന്നാ പറയുന്നത് ഉപാധികള് ഉപാധി ശരീരം ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും പക്ഷെ ഉള്ളില് ബാധിക്കില്ല എന്നാണ് നിർലിപ്തമായ ഈ ശരീരമോ ശരീരത്തിന്റെ വ്യക്തിത്വമോ ഞാനല്ല എന്നറിഞ്ഞ ജ്ഞാനി ശരീരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ശരീരത്തിന് വിട്ടുകളയുന്ന അത് എന്തെക്കോ കാണിക്കും ചിലപ്പോൾ അതിന് തണുപ്പ് ചൂടോ ഒക്കെ ഉണ്ടെങ്കിലും ഈ തണുപ്പ് ചൂടൊക്കെ നടക്കുമ്പോഴും സംഗീതത്തിൽ എന്തൊക്കെ താളം രാഗമൊക്കെ മാറി മാറി വന്നാലും ശ്രുതി മാറാതെ പുറകെ നിൽക്കണ പോലെ ഈ ജ്ഞാനിക്ക് തന്റെ ഉണർവിനെ അവബോധത്തിനെ കണ്ടെത്തിയവന് മനസിന്റെ മണ്ഡലത്തിലും ശരീരത്തിന്റെ മണ്ഡലത്തിലും എന്തൊക്കെ തന്നെ വന്നുപോയാലും ആ ശ്രുതിയിലുള്ള ശ്രദ്ധ പോലെ നല്ല സംഗീതക്കാരൻ ശ്രുതിയിൽ ശ്രദ്ധ വിടില്ല അല്ലേ ലയവും അതായത് താളവാദ്യവും രാഗവും തെറ്റാതെ ശ്രുതിയിലുള്ള ശ്രദ്ധ വിടാതെ പാടിയാലേ സംഗീതം ശരിയാവുള്ളൂ അപ്പൊ ശ്രുതി എന്താ പരമാത്മവസ്തു അപ്പൊ ഭഗവാനെ മറക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പു വിഷയക്ഷണ തത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീത താള ലയനൃത്യവശംഗതാപി മൌലിസ്ഥ കുംഭപരിരക്ഷണധീഹി നടീവ വിദ്യാരണ്യസ്വാമികൾ പറയണോ ഈ കുമ്പാട്ടം എന്നൊരു കളിയുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല ഇവിടെ വേറെ പല വിധത്തിലും ഉണ്ട് അത് തലയിൽ ഇങ്ങനെ കുംഭത്തിന്റെ മേലെ കുംഭം വെച്ചിട്ട് ചുവട്ടില് വലിയൊരു താമ്പാളം വെച്ചിട്ട് ആ തട്ടില് അതിൽ കാല് വെച്ച് ഡാൻസ് ചെയ്യും നർത്തനം ചെയ്യും നർത്തനം ചെയ്യുമ്പോൾ രാഗത്തിനും താളത്തിനും ആശ്രയിച്ചിട്ട് അവര് നർത്തനം ചെയ്യും അതാണ് കുംഭപരിരക്ഷണീഹി എന്നാണ് അതിന്റെ ഇടയിൽ അവരാളുകളെ നോക്കും സംഗീത താളത്തിന് ലയത്തിനനുസരിച്ച് മുദ്രകൾ കാണിക്കും അവർ ചിലപ്പോൾ പാടുകയും ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ശ്രദ്ധ എവിടെ തലയിലുള്ള ആ കുംഭം വീഴാതിരിക്കണം എന്ന് ശ്രദ്ധയുണ്ട് അതുപോലെ യോഗിയും ബ്രഹ്മാവലോകദിഷണാം ന ജഹാതീന്നാണ് സർവത്തിലും ബ്രഹ്മത്തിനെ കാണുക എന്നുള്ള ആ ഒരു സമ്പ്രദായം യോഗിക്ക് വിട്ടുപോകില്ലാന്ന് ചൂടുണ്ടാവുമ്പോ ചൂടിന്റെ രൂപത്തിൽ ബ്രഹ്മാനുഭവം തണുപ്പുണ്ടാവുമ്പോ തണുപ്പിന്റെ രൂപത്തിൽ ബ്രഹ്മാനുഭവം സുഖം ഉണ്ടാവുമ്പോ സുഖത്തിന്റെ രൂപത്തിൽ ബ്രഹ്മാനുഭവം വിവേകാനന്ദ സ്വാമികൾ പോയി തിരിച്ചു വന്ന അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് മഹാസമാധിക്ക് കുറച്ചു ദിവസം മുമ്പ് ക്ഷീരഭവാനിയിൽ പോയിട്ട് ദേവിയെ ആരാധിച്ചിട്ട് വന്നു വന്ന് കൽക്കട്ടയിൽ വരുമ്പോ കൽക്കട്ട മുഴുവൻ പ്ലേഗാണ് ഒരുപാട് ജനങ്ങൾ മരിക്കുന്നു പ്ലേഗ് ബാധിച്ചിട്ട് ആ സമയത്ത് അത് കണ്ട് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു വിഷമിക്കുമ്പോ ഭക്തൻ ഒരാള് ചോദിച്ചു സ്വാമി അങ്ങേ ഉള്ളവരും വിഷമിക്കാൻ പാടുവോ ഇത്തരത്തിലുള്ള ദുഃഖം നിങ്ങൾക്ക് എങ്ങനെ വരുന്നു അപ്പൊ സ്വാമി പറഞ്ഞു ദർ ഇസ് ഡീപ് എക്സ്റ്റസിവൻ ഇൻ ദി സ്പെയിൻ എന്നാണ് ഈ ദുഃഖം അനുഭവിക്കുമ്പോഴും ദുഃഖത്തിലൂടെ ഞാൻ ഈശ്വരനെയാണ് അനുഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് സുഖത്തിലൂടെ മാത്രമേ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂന്ന് ദുഃഖത്തിലൂടെ ഈശ്വരൻ എല്ലാ വികാരങ്ങളിലൂടെയും യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠൻ വസിഷ്ഠന് പരമേശ്വരൻ ഉപദേശിക്കുന്നു പരമേശിവൻ ഉപദേശിക്കുമ്പോ പരമേശ്വരൻ പറയാണ് ഈ ആത്മദർശനം നേടിയ ജ്ഞാനി ദുഃഖത്തിലൂടെ സുഖത്തിലൂടെ ലൗകിക ഭോഗങ്ങളിലൂടെ മഹാവ്യാധികളിലൂടെ പലവിധ വൈഷമ്യങ്ങളിലൂടെ ആത്മാവിനെ ആരാധിക്കും എന്നാണ് എന്നുവെച്ചാൽ ഇതൊക്കെ തന്നെ അയാൾക്ക് ആത്മാനുഭവത്തിന്റെ ഒരു മാർഗ്ഗമായിട്ടിരിക്കും അത്ര അയാൾക്ക് അറിയാം എല്ലാ അനുഭവവും ആത്മാവിലാണ് നടക്കുന്നത് ആത്മാവിൽ നിന്ന് അന്യമായി അനുഭവം സാധ്യമല്ല നല്ല അനുഭവം ആവട്ടെ ചീത്ത അനുഭവം ആവട്ടെ എന്ത് അനുഭവവും ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവിലാണല്ലോ ഏർപ്പെടുന്നത് അപ്പൊ ആ ശ്രദ്ധ ആ ഉണർവിൽ വീണു കഴിഞ്ഞാൽ പിന്നെ എന്താ സകല അനുഭവവും ബ്രഹ്മാനുഭവം തട്ടെ സകല അനുഭവങ്ങൾ അതാണ് ശീതമായാലും ഉഷ്ണമായാലും സുഖമായാലും ദുഃഖമായാലും അവർക്ക് പരമാത്മാസമാ തപോവനസ്വാമികൾ ഉത്തരകാശിയിൽ നല്ല കൊടും തണുപ്പ് സമയത്ത് മഞ്ഞിൽ അദ്ദേഹം തണുപ്പ് സഹിച്ചുകൊണ്ടിരുന്നിട്ട് പറയുന്നു തണുപ്പിന്റെ രൂപത്തിൽ ബ്രഹ്മാനുഭവം എന്നാണ് സർവം കലുവിതം ബ്രഹ്മ ഈ കൊടും തണുപ്പിന്റെ രൂപത്തിൽ എനിക്ക് ബ്രഹ്മാനുഭവം നമ്മളും രാവിലെ ഇപ്പൊ സമയം ഡിസംബർ കഴിഞ്ഞിപ്പോ മാർച്ച് ആവാനായി കഴിഞ്ഞു അല്ലെ അവരെ നേരത്തെ എണീറ്റ് ചിലരൊക്കെ ഉണ്ട് കുളിക്കാൻ പോകുമ്പോഴേ ശബരിമലയ്ക്ക് മാലിട്ടിട്ട് മകരമാസം മരംകോച്ചന മഞ്ഞാണോന്ന് പറയും ഇപ്പോഴൊന്നും കാണാനില്ല എങ്കിലും ആ തണുപ്പത്ത് പോയിട്ട് കുളത്തിന്റെ കരയിൽ ചെന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കും എന്നിട്ട് ഇടയ്ക്ക് തൊട്ട് നോക്കും ഇരിക്കും ഒരു കൊറേ പ്രാവശ്യം തൊട്ട് നോക്കിയിട്ട് ഒരു മുങ്ങലാണ് ആ തണുപ്പിന്റെ രൂപത്തിൽ ഭഗവാനെയാണ് അനുഭവിക്കണത് എന്ന് കരുതിക്കൊള്ളണം എന്നാണ് ഈശ്വരാനുഭവം എല്ലാ എക്സ്ട്രീംസും ആത്മാവിലാണ് നടക്കുന്നത് തണുപ്പാവട്ടെ ചൂടാവട്ടെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ എല്ലാ അനുഭവങ്ങളെയും ഈശ്വരാനുഭവമായിട്ട് കരുതിക്കൊള്ളണം ബ്രഹ്മാനുഭവമായിട്ട് കരുതിക്കൊള്ളണം എന്ന് വെച്ചാൽ ഭഗവാനെ മറന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒക്കെ പുറകിൽ സ്ക്രീനുള്ള പോലെ ബ്രഹ്മമുണ്ട് സ്ക്രീനിൽ വില്ലനും വരും ായകനും വരും സ്ക്രീനിൽ കല്യാണവും നടക്കും കൊലപാതകവും നടക്കും സ്ക്രീനിൽ തീപിടുത്തം നടക്കും മഴ സ്ക്രീനിൽ യുദ്ധം നടക്കും സ്ക്രീനിൽ ഉത്സവം നടക്കും ഇത് ഏതെങ്കിലും സ്ക്രീനിനെ ബാധിക്കുന്നുണ്ടോ ആ തിരശ്ശീലയെ എന്തെങ്കിലും തിരശീലയെ ബാധിക്കണുണ്ടോ നമ്മുടെ ടിവിയില് യുദ്ധം കണ്ടിട്ട് സ്ക്രീൻ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ സ്ക്രീനിനെ ഇതൊന്നും ബാധിക്കാത്ത പോലെ ശുദ്ധമായ പ്രജ്ഞയെ ബോധത്തിനെ യാതൊന്നും രാഗദ്വേഷങ്ങൾ ദ്വന്ദ്ങ്ങളൊന്നും സ്പർശിക്കണില്ല എന്നറിഞ്ഞാണ് മാനം അപമാനം സുഖം ദുഃഖം എല്ലാത്തിനും സമബുദ്ധിയോടുകൂടെ കാണുന്നു അതിലൊന്നും അയാൾക്ക് ശ്രദ്ധയില്ല എന്ത് സംഭവിച്ചാലും അയാൾക്ക് സ്വരൂപത്തിലാണ് ശ്രദ്ധ മാനമാവട്ടെ അപമാനമാവട്ടെ മാനം വരുമ്പോ സന്തോഷിച്ചാൽ അപമാനം വന്നാൽ ദുഃഖിക്കും അല്ലെ മാനത്തിന് സന്തോഷിക്കുകയാണെങ്കിൽ അപമാനത്തിൽ ദുഃഖിക്കും പൂജയിൽ സന്തോഷിച്ചാൽ വിരോ വിരോധം ഏർപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതൊക്കെ മനസ്സ് നമ്മളെ പറ്റിക്കലാണ് ആരെങ്കിലുമൊക്കെ പുകഴ്ത്തിയാൽ സന്തോഷം ആരെങ്കിലുമൊക്കെ നിന്ദിച്ചാൽ ദുഃഖം ഇതിലിങ്ങനെ ഈ ദ്വന്ദ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അതില്ലാതെ പരമാത്മാവിൽ നിഷ്ഠ നിഷ്ഠമാവണം ബുദ്ധി എന്നാണ് പരമാത്മാവിൽ എന്ന് വെച്ചാൽ ഞാനുണ്ട് എന്നുള്ള ഉണർവിലും അവബോധത്തിൽ നിരന്തരം അതിനുള്ള ഒരേ വഴി ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് നോക്കുക ഞാൻ എന്താണ് എന്ന് വിചാരം ചെയ്ത് നോക്കുക എന്റെ സ്വരൂപം എന്താണ് ഈ ശരീരം ഞാനല്ല മനസ്സ് നിഷേധിച്ചുകൊണ്ടേയിരിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യണം നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇടയ്ക്ക് ഏകാന്തത്തിൽ ഇരിക്കുമ്പോഴൊക്കെ വിചാരം ചെയ്ത് നോക്കണം ഈ ദേഹം ഞാനാണോ ഈ ദേഹമാണോ ഞാൻ ഈ ദേഹം ഞാനാണെങ്കിൽ എനിക്ക് ശാശ്വതമായ ഒരു സ്ഥിതിയിൽ നിൽക്കാനേ പറ്റില്ല കാരണം ഇതിന് വ്യാധി വരും ഇതിന് മരണം വരും ഇതെന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചു പോവും ഈ ദേഹം ഞാനല്ല ദേഹത്തിന് വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ട് ഞാനോ ഒരു മാറ്റം കൂടാതെ നിൽക്കുന്ന ബോധമാണ് ഞാൻ എന്നുള്ള ഉണർവ് അവബോധം സ്ഫൂർത്തി ഉള്ളില് തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു ആ സ്ഫൂർത്തിയാണ് ഞാൻ ഈ ദേഹമല്ല പിന്നെ ഉള്ളിലുള്ള മനസ്സോ അനേക വിചാരങ്ങളോടുകൂടെ പൊന്തു മനസ്സോ ഞാനാണോ മനസ്സ് ഞാനാണെന്ന് സ്വീകരിച്ചാൽ ഇല്ലാത്ത വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത്യധികം മനസ്സ് ചപലമാവുമ്പോൾ പോലും നിങ്ങൾ മനസ്സിനെ ഒന്ന് നിഷേധിച്ചാൽ ഈ മനസ്സ് ഞാനല്ല ആ മനസ്സിന്റെ ഉള്ളിൽ കടന്ന് മനസ്സിനെ മാറ്റുന്നതിനോ അടക്കുന്നതിനോ പകരം ഈ മനസ്സേ ഞാനല്ല എന്നൊന്ന് തള്ളിയ്ക്കി നോക്കൂ കാര്യം വളരെ എളുപ്പമാണ് വീട്ടില് നല്ല ശുദ്ധമായ നിലത്തില് കുറെ ചാണകം വാരി എറിഞ്ഞാൽ ആ ചാണകത്തിനെ നമ്മൾ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയോ അല്ല എടുത്ത് ദൂരെ അതുപോലെ ശുദ്ധമായ ആത്മവസ്തുവിൽ ഒരു മലമാണ് ഈ മനസ്സ് അതുകൊണ്ട് നിർമലം ആക്കണമെങ്കിൽ ആ മലത്തിനെടുത്ത് ദൂരെ കളയണം ദൂരെ വെച്ചാൽ എന്താർത്ഥം ഈ മനസ്സ് ഞാനല്ലാന്നറിയാം മനസ്സിനോട് യാതൊരുവിധ സമ്പർക്കവും ഇല്ലാതായിട്ട് മനസ് ഞാനല്ലെന്നറിഞ്ഞാൽ മനസ്സിന്റെ സുഖം ദുഃഖം ഗുണം ദോഷം മനസ്സിന്റെ ഉള്ളിലാണ് ഈ ജീവാഹന്ത നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലാവുകയല്ല ഹൃദയത്തിലാവുക അതുകൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിലും വിഷമല്ല ലോകത്തിലുള്ള കാര്യമൊക്കെ മനസ്സിലാവണം ആത്മാവിനെ കാര്യം മനസിന്റെ അപ്പുറത്താകണം അങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല മനസ്സിലായവനും മനസ്സിലാകാത്തവനും ഒക്കെ തുല്യമാണ് ഇവിടെ ആർക്ക് ഹൃദയത്തിലായോ അവൻ രക്ഷപ്പെട്ടു ഹൃദയത്തിലാവുക എന്ന് വെച്ചാൽ മനസ്സ് അടങ്ങുക എന്നർത്ഥം മനസ്സ് നിശ്ചലമാവുക മനസ്സിനെ കടക്കുകയാണ് വേണ്ടത് നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ഇറ്റ് ട്രാൻസെൻഡ് അല്ലാതെ മനസ്സിന്റെ ഉള്ളിലുള്ള മാറ്റങ്ങളോ മനസ്സിനെ നന്നാക്കലോ ഒന്നുമല്ല നമ്മളുടെ വീട്ടിൽ കേടുവെന്ന ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെറിയാൻ പുറപ്പെടുമ്പോ അതിന് പെയിന്റ് അടിച്ചിട്ട് വലിച്ചെറിയോ അതിന് കളർ കൊടുത്തിട്ട് വലിച്ചെറിയോ അതുപോലെ മാറ്റിക്കളയേണ്ട വസ്തുവാണ് ഈ മനസ്സ് അപ്പൊ മനസ്സിനെ വലിച്ചെറിയാൻ ഒരു മാർഗം നമ്മൾ എന്ത് ചെയ്യുന്നു ഭഗവാന് കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് വെച്ചാലോ എന്റെ അല്ല എന്ന് കരുതാനുള്ള ഒരു വഴിയാണത് ഈശ്വരന് കൊടുക്കുക ഭഗവാൻ അതൊന്നേ വേണ്ടൂ അല്ലേ ആളുകൾ ഇപ്പൊ ഭഗവാൻ എന്തൊക്കെയാ കൊടുക്കണം സ്വർണ്ണ കിരീടം സ്വർണം കൊണ്ടുള്ള തേര് ഉം കോടിക്കണക്കിന് രൂപ ഇതൊക്കെ ഭഗവാന് ഭഗവാൻ ഇത് എന്തു എന്തു പ്രയോജനം ഇതൊക്കെ കൊണ്ട് പിന്നെ പിന്നീ നമുക്ക് ടെൻഷനാകും ഈ തേരാരെങ്കിലും ഒക്കെ കൊണ്ടുപോകുമോ നമ്മൾ ഹിന്ദുമതം നശിക്കാൻ ഒരു കാരണം തന്നെ ഇതാണ് നമ്മള് അമ്പലത്തിന്റെ പേരിലും ഈശ്വരന്റെ പേരിലും സ്വർണവും രത്നവും ഒക്കെ കൂട്ടി കൂട്ടി എന്തായി ഉള്ള മാപ്പിളമാരൊക്കെ ഇവിടെ യുദ്ധത്തിന് വന്നു ഇത് ഇതൊക്കെ കണ്ടിട്ടാണ് വന്നത് അമ്പലം തല്ലിപ്പൊളിക്കാനും അമ്പലങ്ങളൊക്കെ തല്ലിപ്പൊളിക്കാനും ഇവിടെ സ്വത്ത് ഉണ്ടാവുന്ന കണ്ടുപോയി സമ്പത്ത് വെറും ഭഗവാനെ ആരാധന മാത്രമാണെങ്കി ആര് വരും ആരാധന മാത്രമാണെങ്കിൽ ഭക്തി മാത്രമാണെങ്കിൽ ആർക്കും വേണ്ട സ്വർണവും രത്നവും ഒക്കെയാണോ ഭഗവാൻ വേണ്ടത് നമ്മളുടെ മനസ്സാണ് ഭവതുഭവതർത്ഥം മമ മനാഹാമൻ പുഷ്പം അല്ലേ നമുക്ക് സംഗമേശ്വരമൂർത്തിയോട് ഏറ്റവും ഒരു പ്രീതി തോന്നാൻ കാരണം എല്ലാ അമ്പലത്തിലും വെച്ച് നമുക്കിവിടെ ഒരു വൈശിഷ്ടം എന്താ അനാവശ്യമായിട്ട് ഇവിടെ ഒന്നുമില്ല നമുക്ക് സംശയം ഉണ്ടാവാനുള്ള അനേക ദേവതകൾ പോലും അവിടെ ഇവിടെ ഒരേ മൂർത്തി അനാവശ്യമായിട്ടുള്ള ആരാധനകളുമില്ല വെറുതെ വേണ്ടാത്ത വിധത്തിലുള്ള ആരാധനകളും ഇവിടെ ഇല്ല ഭഗവാന് നിർവിശേഷ സ്ഥിതി ഇത്രയും ആധ്യാത്മികമായിട്ടുള്ള ഒരു മൂർത്തി നമുക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല ബാക്കിയുള്ളിടത്തൊക്കെ ബാക്കിയുള്ളതിനൊക്കെ ഭഗവാൻ നിന്നുകൊടുക്കും ഇവിടെ ഭഗവാൻ ജ്ഞാനസ്വരൂപനായിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണ് തികച്ചും നിർവിശേഷമായ സ്ഥിതി ഭഗവാന് വേണ്ടത് എന്താ പുഷ്പം പോലും അല്ല നമ്മളുടെ മനസ്സാണെന്ന് ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിൽ പറഞ്ഞു കാട്ടിലും മേട്ടിലും മലയിലും ഇപ്പത്തെ കാലത്ത് പറഞ്ഞാൽ കടയിലും പൂവിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവൻ മഠയൻ നട ഗീരെ വിശതി വിജനേ ഘോരവിപിനെ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്പേകം ചേതമാനഥേേന അവസ്ഥതിക്ക് അഹോ ആഴമേറിയ സരസിലും വിജനമായ കാടുകളിലും മലകളിലും അല്ലെങ്കിൽ ചന്തകളിലുമൊക്കെ പൂവിനുവേണ്ടി അലഞ്ഞു നടക്കുന്നു അഹോ മഠയെന്നാണ് വിശാലേ ശൈലേ ച്രമതികുസുമാർ ജഡമതി ഹീ സമർപ്പേകം ചേതസരസിജമുമാനാഥഭവതേ സുഖേന അവസ്ഥാത്തും ജനഇഹന ജാനാതി മനസ്സാവുന്ന ഒരു പുഷ്പത്തിനെ ഹേ പരമേശ്വര അവിടുത്തെ പാദത്തിൽ അർപ്പിച്ചിട്ട് സുഖമായിട്ടിരിക്കാൻ ഈ മഠയന്മാർക്ക് അറിയണില്ലല്ലോ എന്നുവച്ചാൽ എന്താ അർത്ഥം നമ്മൾ എന്തു ഭഗവാനർപ്പിച്ചുവോ അത് പിന്നെ നമ്മളുടേതല്ല അല്ലെ നമ്മളുടേതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു വിഷമിക്കുകയില്ല നമ്മളുടേതാണെങ്കിൽ വശമുണ്ട് പത്ത് നാപ്പത് വർഷം ഒരു വീട്ടിൽ താമസിച്ചു ആ വീട് വൃത്തിയാക്കലും ഇടയ്ക്കിടയ്ക്ക് അതിൽ മാളികകൾ കെട്ടലും മുറികൾ കെട്ടലും പഴയ നിലവുമൊക്കെ കുത്തി പൊളിച്ച് മാർബിൾ ഇടലും സദാസമയം ഈ വീട് തുടച്ച് വൃത്തിയാക്കുക മാറാതെ തട്ടിയാൽ ചിലർക്ക് അതേ വിചാരമാണ് വീട് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അവര് ഒരു നാപ്പത് വർഷത്തിന് ശേഷം ഒരു ദിവസം ആ വീട് അങ്ങോട്ട് വിറ്റു വിറ്റിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തുടക്കുവോ വീട് വൃത്തിയാക്കുവോ മാറാൽ തട്ടുവോ അവിടെ എന്താ ഏയ് നമ്മുടെയല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും സുനാമിയോ ഭൂകമ്പമോ വന്ന് ആ വീട് വീണാലോ നല്ല കാലം നമ്മൾ കൊടുത്തുവല്ലോ നമ്മളുടെ കയ്യിലാണെങ്കിൽ ടെൻഷൻ മുഴുവൻ നമ്മളുടെ ആയിരിക്കും ഇപ്പൊ നമ്മളുടേതല്ലാത്തത് കൊണ്ട് അതിനിപ്പോ തകിടം മറിഞ്ഞാലും വേണ്ടില്ലേ അവിടെ നിന്ന് ചുവട്ടുന്നു മറിഞ്ഞു വീണാലും വേണ്ടില്ലേ എന്റേതാണെങ്കിൽ അതിൽ എനിക്ക് വിഷമം ഉണ്ടാവും അതേപോലെ ഈ ശരീരം എന്റേതല്ലെങ്കിൽ ശരീരം മനസ്സുമൊക്കെ ഭഗവാന്റെതാവുമ്പോ നമ്മളുടെ വിഷമ വിട്ടുപോയി ഈ ശരീരം മനസ്സും ഒക്കെ ഭഗവാന്റെതായിത്തീർന്നാൽ നമുക്ക് വിഷമം വിട്ടുപോകും ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് നമ്മളൊരു ഉയർന്ന ആദർശത്തിന് വേണ്ടി പലപ്പോഴും ഇത് ചെയ്യുന്നുണ്ട് ഭൂ സ്വാതന്ത്ര്യ എത്ര പേരാ ശരീരത്തിനെ പോലും വിലവെക്കാതെ യുദ്ധത്തിനും ഇപ്പൊ തന്നെ നോക്കുക എന്താ ഈ അമേരിക്കയില് മറ്റേ ടവറ് തകർത്തവരൊക്കെ ചാവേർ പട അവർക്ക് അവരും മരിക്കണം കൂടെ മരിക്കാൻ തയ്യാറായിട്ട് പോവാണ് അപ്പൊ എന്താ ഏതോ ഒരു ആദർശം അവർ ഉന്നതം എന്ന് ധരിച്ചതിന് അവരുടെ ശരീരത്തിനെയും അവരർപ്പിക്കണം ഇത് നമ്മൾ ബോധപൂർവം മരിക്കാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയും ഒക്കെ ഈശ്വരന് വേണ്ടി അർപ്പിക്കാമെങ്കിൽ ഈ ക്ഷണം നമ്മൾ മുക്തരായിട്ട് തീരുന്നതാണ് സ്വതന്ത്രനായിട്ട് തീരുന്നു അപ്പോ പരമാത്മാ സമാഹിത പരമാത്മാവ് നമുക്ക് സദാ പ്രകാശിക്കും മാനം അപമാനം സുഖം ദുഃഖം മുതലായ ശരീര സംബന്ധമായിട്ടുള്ളതൊന്നും എന്നെ ബാധിക്കില്ല ശരീരത്തിനുണ്ടാവുമായിരിക്കും പക്ഷെ എന്നെ ബാധിക്കില്ല ശരീരം ഞാനല്ലോ ഞാൻ വിറ്റുപോയ വീടിനെ പിന്നെ ആരും കുറ്റം പറഞ്ഞാൽ എനിക്ക്